എല്ലാവർക്കും എൻ്റെ പ്രണ ഗീതയിലെ ഏഴാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ശ്ലോകങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ ശ്ലോകങ്ങളുടെ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം ഒരു സുഹൃത്ത് എന്നോട് ഇന്ന് വന്ന് പറഞ്ഞത് സാറ് ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ആധ്യാത്മിക രംഗത്ത് ചില ബാമ്പ് പൊട്ടിക്കലുകളാണ് ലോകം നടത്തുന്നത് ഞാൻ ബൗത അങ്ങനെ ഒരു ദുരുദ്ദേശവുമില്ല ഒരു പക്ഷേ പാമ്പ് പൊട്ടിക്കലാണെങ്കിൽ ആ പാമ്പ് ഉപനിഷത്തിലെ ഋഷിമാരിൽ തുടങ്ങി വ്യാസൻ കൃഷ്ണൻ തുടങ്ങിയവരിൽ കൂടി ശ്രീചട്ടം വിശ്രാമ്യത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ വരെയുള്ള സത്യദർശികൾ പരമ്പരയായി ഉണ്ടാക്കി പൊട്ടിച്ചു കൊണ്ടിരിക്കുന്ന എത്ര ഉച്ചത്തിൽ പൊട്ടിച്ചിട്ടും അധികം പേരുള്ള ചെവികളിൽ അതിൻ്റെ ശബ്ദം ചെന്ന് തറക്കുന്നില്ല അപ്പം പേടിക്കാനില്ല വളരെ ഉച്ചത്തിൽ പൊട്ടിച്ചാൽ പോലും അതങ്ങനെ ആരുടെ ചെവിക്കും വലിയ കുഴപ്പം ഉണ്ടാക്കില്ല ഉപനിഷത്ത് തന്നെ പറയുന്നു ആത്മതത്വം ശ്രവണായ ബഹുപ്രിയോ ലഭ്യ ഇത് യമൻ നജകേദസ്സിനോട് പറയുക മരണം യമൻ കിഷത്തം അരയോ നജികേദസ് ആത്മതത്വം ശ്രവണായാഭി ബഹുഫർ നൈവ ലഭ്യത ഒന്ന് കേൾക്കാൻ തന്നെ വളരെ പേർക്കും പറ്റുന്നില്ല ആരെങ്കിലിന്നേരെ പറഞ്ഞങ്ങളിലേ കേൾക്കാൻ പറ്റൂ ശ്രവണായാഭി ബഹുപറിക ലഭ്യത ശൃണ് കേട്ടു ഇരുന്നാലും പലർക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്ത ഈ ബോധം എത്ര പ്രാവശ്യം നമ്മൾ തന്നെ പറഞ്ഞു നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ഈ കഥോപന്വേഷത്ത് തന്നെ പറയുന്നതാണ് അസ്ഥീതി ബ്രുവതോ അസ്യ കഥമോ അന്യത്രോപലഭ്യത്തെ ഓരോരുത്തരും ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധം വേറെ എവിടെ അന്വേഷിച്ച് കിട്ടാനാണ് സൂര്യനിലോ ചന്ദ്രലോ അന്വേഷിച്ചുകൊണ്ടു ഉപനിഷത്ത് തന്നെ പറയുന്നു നമ്മളിത് ആവർത്തിച്ച് പറയുന്നു ശ്രണന്തോ വിവാഹവോ എന്ന് വിദ്യോ കേട്ടാൽ പോലും അതങ്ങോട്ട് എച്ച് ഒരു ഉത്കടമായ താല്പര്യം ഈ സത്യമറിയണം എന്ന കാര്യത്തിൽ വരുന്നില്ല എത്ര കേട്ടാലും വരുന്നില്ല ശുടന്തോ വിബഹറോ എന്ന വിദ്യുഹോ ആശ്ചര്യോത്ത വ്യക്തമായിട്ട് ഈ സത്യം പറയുന്ന ആള് തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരാശ്ചര്യ പുരുഷൻ ആണ് യമൻ പറയുന്നത് അല്ല എന്താ അതാണ് ഈ പാമ്പ് പൊട്ടിക്കുന്നു എന്നൊക്കെ തോന്നിയത് അത് വ്യക്തമായിട്ട് സത്യം പറയുന്നവർ ആ സത്യം കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു ബാമ്പ് പൊട്ടിക്കും പോലെ തോന്നുന്നു ആശ്ചര്യമോ അസ്യവത്ത കുശലമോ അസ്യലബ്ധ ഇത് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലായി കിട്ടിയാൽ ജീവിതത്തിലവൻ അത്യന്തം ധന്യനായിത്തീരുന്നു ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട ആരിൽ നിന്നെങ്കിലും വ്യക്തമായി ഇത് പറഞ്ഞു കേട്ട് ധരിക്കാൻ സാധിച്ചാൽ നചികേതസ്സേ അതിൽ പെരം ഒരു ധന്യത പിന്നെ ഇവിടെ ഒന്നും വരാനില്ല ഇതാണ് വസ്തുസ്ഥിതി ഈ ബാമ്പിൻ്റെ പുറകിലുള്ള വസ്തുസ്ഥിതി ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയത്തിൻ്റെ കണിക പോലുമില്ലാതെ ബോധ്യപ്പെട്ട ഒരു കാര്യമല്ലാതെ യാതൊന്നും ഞാനിവിടെ പറയുന്നില്ല പരമസത്യം സംശയത്തിൻ്റെ ലേശം പോലുമില്ല ശ്രുതി യുക്തി അനുഭവങ്ങളിൽ കൂടി ഇപ്പോൾ വളരെ ഒരു ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇതെന്തായാലും നേടിയെടുക്കണം എന്നുള്ള ഒരു വാശി കൊണ്ട് ബോധ്യപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആവർത്തിച്ചാൽ അത് പറയാതെ പിന്നെ വല്ലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടെന്താ കഥ ഏ അതെല്ലാവർക്കും മനസ്സിലാവില്ല എന്നാൽ മനസ്സിലാകുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ എന്നാൽ നമുക്ക് വല്ല കഥാവസ്ഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ടെടുത്ത് വെച്ച് പറഞ്ഞാൽ പോലെ വായിക്കുകയോ അല്ല നോവലോ അതൊക്കെ എല്ലാവർക്കും അത് പിടികിട്ടുന്നില്ല സാർ അല്ല എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യം പറയാനല്ല ഒരു സത്യം ഉറപ്പുവന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വിവേകാനന്ദ സ്വാമി പറയുന്നത് എന്താ എടോ തെരുവിലിറങ്ങി ഉറക്ക ഈ സത്യം ഈ സത്യം വിളിച്ചു പറഞ്ഞു നടക്കൽ കേൾക്കുന്നവർ കേൾക്കട്ടെ കേൾക്കാത്തവർ കേൾക്കണ്ട പിന്നെ സത്യം ബോധ്യപ്പെട്ടാൽ ഇത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ആ ബോധ്യപ്പെട്ട സത്യദനുശീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരൊറ്റ കർമ്മം വേറെ ഇവിടെ ചെയ്യാനില്ല ഒന്ന് അപ്പം ഈ ബാമ്പെന്ന് തോന്നുന്നതൊക്കെ ഇത് കേട്ടിട്ടില്ല കേട്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല ചിന്തിക്കുന്നില്ല ഇത് വേണമെന്ന് താല്പര്യമല്ല മറ്റു പലതിലും നമുക്ക് മനുഷ്യത്വത് ആവർത്തിച്ചു പറയുന്നത് മറ്റു പലതിലും മനസ്സ് മോഹിച്ചു പോകുന്നു അതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു തന്നെ ഉള്ളു നമുക്ക് ഗീതയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് തന്നെ ഒരു സംശയത്തിന് ഉത്തരം പറയാം അത് എത്ര മനസ്സിലാകുന്നത് എനിക്ക് നിശ്ചയമല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചോദ്യം എന്താണെന്ന് വെച്ചാൽ ജീവനുള്ള വ്യക്തികളിൽ ബ്രഹ്മത്തെ കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സാർ ഈ ജീവൻ പോയ ശരീരത്തിലും മേശയിലും മൺകട്ടയിലുമൊക്കെ ബ്രഹ്മത്തെ കാണണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സാർ ശരിപ്പെടുക എന്നാണ് ചോദ്യം കാര്യമായ ചോദ്യമാണ് മേശയിൽ ബ്രഹ്മത്ത കാരണം ഇപ്പം ഈ മേശയിലെങ്ങനെയാണ് ബ്രഹ്മത്ത കാണുക അപ്പോൾ അല്പം ചിന്തിക്കുന്നില്ല ഈ ജഗത്തിൻ്റെ പരമകാരണം ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം ബ്രഹ്മംച്ച പ്രപഞ്ചമായി കാണുന്ന എല്ലാ സ്ഥലത്തും ആ കാരണവസ്തു നിറഞ്ഞ നിൽപ്പുണ്ടങ്ങളല്ലേ പറ്റും ആകാശം പോലെ സ്പേസ് സ്പേസ് പോലെ അപ്പോൾ ഈ ചോദ്യത്തിന് രണ്ട് മൂന്ന് വീക്ഷണഗതികളിൽ നിന്ന് ഉത്തരം പറയാം ജീവനെന്ന് പറയുന്നത് ചിത്തം നമ്മുടെ ചിത്തം ചിത്തം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല സങ്കല്പങ്ങൾ മനസ്സ് ചിത്തത്തെ മനസ്സെന്ന് തന്നെ പറഞ്ഞോളുക മനസ്സിന് എന്തൊന്നും പിടിയില്ലെങ്കിൽ രക്ഷയൊന്നുമില്ല പിടി വളരെ പേർക്കില്ല ഈ മനസ്സിൽ പ്രതിബിംബിക്കുന്ന അഖണ്ഡബോധം ഇതാണ് ജീവൻ നമുക്കൊക്കെയുള്ള ഞാൻ ഞാൻ എന്നുള്ള ഈ ജീവൻ ഈ ചിത്രത്തിൽ പ്രതിബിംബിക്കുന്ന ചങ്ങു നിൽക്കുന്ന ബോധം മനസ്സു രൂപം കൊണ്ടപ്പോൾ അതിൽ പ്രതിബിംബിച്ചു സൂര്യൻ ഒരു ജലപാത്രത്തിൽ പ്രതിബിംബിക്കും പോലെ അപ്പോൾ ഈ ജീവൻ തന്നെ ഒരു ഭ്രമമാണ് ഈ കാണുന്നതൊക്കെ ഭ്രമമാണ് ജീവൻ ഉൾപ്പെടെ കാരണം ആ യഥാർത്ഥ വസ്തു സർവത്ര നിറഞ്ഞ നിൽക്കുകയാണ് അതിലൊന്നും മറ്റൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പറ്റില്ല കാരണം അത് സർവത്ര നിറഞ്ഞ് നിൽക്കുകയാണ് അതില്ലാത്തൊരു സ്ഥലത്ത് കഴിഞ്ഞേ ഒരു പുതിയ വസ്തു ഉണ്ടാവാൻ അതിൽ ഭ്രമം കൊണ്ട് മായ കൊണ്ട് ഇന്നല്ലേ ദുരത്യ എന്ന് പറഞ്ഞ ആ ചിത്തം അഥവാ മനസ്സ് ഉണ്ടായെന്ന് തോന്നി ഇപ്പൊ നമ്മളിതൊക്കെ മനസ്സുണ്ടല്ലോ മനസ്സൊക്കെ കയ്യിലിരിക്കുകയല്ലേ ഇത് എവിടുന്നുണ്ടായി ഭാവത്തിലൊക്കെ ഉണ്ടായ വിശ്വമനസ്സായ ബ്രഹ്മാവ് സ്വന്തം ഇരിപ്പിളത്തിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു അത്രയേ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു എവിടെ പ്രത്യക്ഷപ്പെട്ടു ആ ബ്രഹ്മാവ് ഇതെന്നെ ചുറ്റുപാടിൽ നോക്കി ഞാനിപ്പോ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഉണ്ടെന്ന് തോന്നുന്നു ഞാനിത് എവിടെ വന്നു ഇത് വിശ്വമനസ്സായ ബ്രഹ്മാവിലേക്ക് ചെല്ലേണ്ട സ്വന്തം മനസ്സ് ഒന്നാലോചിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മനസ്സില്ലേ നിരവധി ചിന്തകൾ വികാരങ്ങൾ ഇളകി മറിയുകയല്ലേ ആ മനസ്സല്ലേ ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെവിടുന്ന് വന്നു ഇതിനകം നമുക്ക് വേണം വേണ്ടെന്ന് നോക്കാം അപ്പോൾ ഓഴിച്ചു മാറ്റാം എവിടെ പോകുന്നു ഇത് ഓടി നിശ്ചിതയില്ല അതുകൊണ്ടാണ് മനസ്സുൾപ്പെടെ മായ മനസ്സുമായ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എവിടെ നിന്നുണ്ടാകുന്നു എന്തിനുണ്ടാകുന്നു നമ്മൾ നമ്മുടെയൊക്കെ ഉള്ളിലും മനസ്സെന്തിനാ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നു നമ്മളതിൻ്റെ പിടിയിൽ പെട്ടവരി വേണം അപ്പോൾ എന്തിനുണ്ടാകുന്നു നിശ്ചയമില്ല ഈ മനസ്സുണ്ടായപ്പോൾ അതിൽ ജലപാത്രത്തിൽ സൂര്യൻ പ്രതിബിംബിക്കും പോലെ അഖണ്ഡ ബോധം പ്രതിബിംബിച്ചു ഇതാണ് ജീവൻ ഞാൻ ഞാനെന്ന ജീവൻ ഈ ജീവന ബ്രഹ്മമാണെന്ന് പറയുന്നുണ്ടല്ലോ തീർച്ചയായും ഈ പ്രതിബിംബം ബിംബത്തോടടുത്തു നിൽക്കുകയാണ് ഇപ്പൊ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചാൽ ശുദ്ധമായ ജലമാണെങ്കിൽ സാക്ഷാൽ സൂര്യബിംബം പോലെ തോന്നും അതുകൊണ്ട് അത് സൂര്യനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരാളിനെ വിളിച്ചിടും ഈ കാണുന്ന എന്താ സൂര്യനാണ് എന്താ അത് നല്ല സൂര്യബിംബം പോലെ തോന്നുന്നു അതുണ്ടാ വാസ്തവത്തിൽ ആ സൂര്യബിംബവും ഭ്രമമാണ് കാരണം സാക്ഷാത് സൂര്യൻ വരെ നിൽക്കുകയാണ് ഇതൊരു ഉപാധിയിൽ പ്രതിബിംബിച്ച് മനസ്സ് അഥവാ ചിത്തം ചിത്തമെന്ന ഉപാധിയിൽ നമ്മുടെ ഓരോരുത്തരിലുമുള്ള ഞാൻ ആ ഞാൻ എന്താ ചിത്തമെന്ന ഉപാധിയിൽ എന്ന അനുഭവത്തോടു കൂടി പ്രതിബിംബിച്ച് നിൽക്കുന്ന ബ്രഹ്മമാണ് ചേങ്ങം നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധം അതുകൊണ്ട് നമ്മൾ ഈ ജീവനെ തന്നെ ബ്രഹ്മമായി പലപ്പോഴും പറയാറുണ്ട് ജീവനെ അല്ലല്ലോ മുഴുവൻ ജഗത്തിനെയും ജഡത്തെയും നമ്മൾ ബ്രഹ്മമായിട്ടല്ലേ പറയുക പക്ഷെ കുറേ കൂടെ അടുപ്പിച്ച് ജീവൻ ബ്രഹ്മമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം ഇതാണ് പക്ഷേ ജീവനും ഫലമാണ് വേറൊരു ഉപാധിയിൽ പ്രതിബിംബിച്ച് നിൽക്കുകയാണ് ആ ഉപാധി പോയാൽ ജലപാത്രത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു ആ പ്രതിബിംബം സൂര്യനായിട്ട് തോന്നുന്നു പക്ഷേ വാസ്തവത്തിൽ സൂര്യനല്ലല്ലോ പ്രതിബിംബമല്ലേ യഥാർത്ഥ സൂര്യൻ എപ്പോഴറിയപ്പെടും ആ ജലം ഒഴിച്ചു കളഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ചു പ്രതിബിംബം സൂര്യൻ ഇല്ല അപ്പോൾ യഥാർത്ഥ സൂര്യൻ തെളിയും ഇതുപോലെ ജീവന് ബ്രഹ്മമാകണമെങ്കിൽ ബ്രഹ്മം പ്രതിബിംബിച്ചു നിൽക്കുന്ന ആ ഉപാസി ചിത്തം സങ്കല്പം അതങ്ങോട്ട് മാറ്റണം അത് മാറ്റിയാൽ നമ്മൾ ഓരോരുത്തരും ശുദ്ധ ബ്രഹ്മം അത് കാണിച്ചു തൽക്കാലം ജീവന് ബ്രഹ്മമായി പറയുന്നത് ജീവനുൾപ്പെടെ ഭ്രമമാണ് ഈ ഭ്രമം പിന്നീട് കട്ടിപിടിക്കുന്നു ചിത്തം കട്ടിപിടിക്കുന്നു ചിത്തം എന്ന ഉപാധിയിലാണ് ഞാനിത് ആവർത്തിച്ചു പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിത്തമെന്ന ഉപാധിയിലാണ് ബ്രഹ്മം പ്രതിബിംബിക്കുന്നത് ഈ ഉപാധി നാനാവിധ ചിന്തകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും കട്ടി പിടിക്കുന്നു കട്ടി പിടിക്കുമ്പോൾ ഈ പ്രതിബിംബം കുറേശം മറയുന്നു മറയുന്നു അപ്പോഴും പ്രതിബിംബമുണ്ട് വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ അതിൽ ചെളി കലങ്ങുമ്പോൾ കുറേശ മറയുന്നു മറയുന്നു ആ പൂർണ്ണമായും ചെളിയായാലോ സൂര്യനെ കാണാനേ ഇല്ല സൂര്യൻ അപ്പോഴും പ്രതിബിംബിക്കുകയാണ് സൂര്യൻ്റെ പതിവുമ്പോലടത്തും പോയിട്ടില്ല പോകാനൊക്കുകയില്ല അതുപോലെയാണ് ഈ ബ്രഹ്മം ബ്രഹ്മം സകലത്തിലും പ്രതിബിംബിക്കുകയാണ് പക്ഷേ ഇത് കട്ടി പിടിക്കും തോറും പ്രതിബിംബം കാണാൻ സാധിക്കുന്നല്ല അത്രയേ ഉള്ളൂ നല്ല കട്ടുപിടിച്ചാലോ വെച്ചാൽ ചെളിയുടെ ആ ജലാംശവും മാറി നോക്കുക സൂര്യനെ അവിടെങ്ങുമില്ല അതുപോലെ ബ്രഹ്മം ഈ ജഡവമോട്ടത് നല്ലവണ്ണം കട്ടുപിടിച്ച് വരുമ്പോൾ അവിടെ ബ്രഹ്മമേ ഇല്ലെന്ന് തോന്നും പ്രതിബിംബം പോലും ഇല്ലെന്ന് തോന്നും വാസ്തവത്തിൽ എപ്പോഴും പ്രതിബിംബിക്കുക ഇത് കട്ടുപിടിച്ചതുകൊണ്ട് സ്ഥിരപ്രതിബിംബമില്ല എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ ഈ മേശയിലൊക്കെ പ്രതിബിംബങ്ങളുണ്ട് ചിത്തം ചിത്തമാണ് ഈ കട്ടുപിടിച്ചിരിക്കുന്നത് മനസ്സ് ഇത് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോൾ ഏട്ടാ മനസ്സാണ് ഈ മേശ ജഡമായിട്ട് വെറുതെ ഞാൻ ചോദിക്കാം ഈ എനർജിയാണ് ഈ കട്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റുമോ എനർജി പ്രാണൻ പ്രാണനല്പക്കൂടെ കട്ടുപിടിക്കുന്നതാണ് മനസ്സ് മനസ്സ് കുറച്ചുകൂടെ കട്ടുപിടിച്ചാൽ ജഡം ഈ ശുദ്ധജടം മനസ്സാണ് ജനരചിതമാണ് ഈ മേശയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും വല്ല വിശേഷമുണ്ടോ ആധുനിക ശാസ്ത്രം പൂർണ്ണമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രാണൻ ശക്തിസ്പന്ദനമാണ് ഈ കട്ടുപിടിച്ച ജഡമായിട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ ഇത് ചലിക്കുന്നില്ല പക്ഷേ ആധുനിക ശാസ്ത്രം പറയുന്നത് ഇത് പല ആണുക്കളെ ഇന്ന് അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കട്ടുപിടിച്ച മേശയും മൺകിട്ടയും ഒക്കെ അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പ്രതിബിംബത്തിനൊന്നും യാതൊരു കൊഴുപ്പുമില്ല പക്ഷെ അതിവേഗം ചലിച്ചപ്പോൾ ചലിക്കുന്നില്ല എന്ന് തോന്നുന്നു മുഴുവൻ വെറും ഭ്രമമല്ല ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത് ഇവിടെ മേശയില്ല കുറച്ച് ഇലക്ട്രോൺസും പ്രോട്ടോൺസുമാണ് നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു അപ്പോൾ പിന്നെ ഇത് ഭ്രമമല്ലെങ്കിൽ പിന്നെന്താ നമ്മുടെ അഖണ്ഡബോധമൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലാതെ തന്നെ ഇത് ഭ്രമമല്ലേ അപ്പോൾ എല്ലാ കാഴ്ചകളിലും പ്രതിബിംബം ഉണ്ട് തെളിയുന്നില്ല കൃഷ്ണൻ ഇത് തീർത്തു പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാമധ്യായത്തിൽ യാവത് സഞ്ചാരത്തെ കിഞ്ചിത് താവര ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി ഫലദർശപ്പ അല അർജുന ഇവിടെ എന്തും ഈ ജഗത്തിൽ യാവത്തെ കിഞ്ചിത് സത്വം സ്ഥാപന ജംഗമം സ്ഥാപരമോ ജംഗമോ ആയി ശുദ്ധജടമോ അല്ലാത്തതോ ആയി എന്തു തന്നെ ഇവിടെ ഉണ്ടാകുന്നു എന്തുണ്ടായാലും ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ ക്ഷേത്രം ജഡം ജഡം മനസ്സും പ്രാണനുമൊക്കെ ജഡമാണ് അതിൽ ക്ഷേത്രജ്ഞൻ പ്രതിബിംബിക്കുന്നു ജീവൻ ക്ഷേത്രജ്ഞൻ ജീവൻ ആ പതിമൂന്നാം അധ്യായം വായിച്ചു നോക്കുക ഇതൊക്കെ ഗീത പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞസമീപാ തദ്വിധി ഭരതർഷ അപ്പോൾ പ്രതിബിംബം ഇല്ലേ അപ്പോൾ പ്രതിബിംബിക്കുന്നതിനെ നമുക്ക് ബ്രഹ്മമായി കാണാം അല്ലാത്തതിനെ ഇങ്ങനെ കാണും സാർ ഇവിടെയൊക്കെ പ്രതിബിംബമുണ്ട് ഏത് ശുദ്ധജടത്തിലും പ്രതിബിംബമുണ്ട് ജീവൻ ജീവനുണ്ട് തൽക്കാലം അത് കാണുന്നില്ല ഇത് കുറച്ചൊക്കെ അങ്ങോട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സൂക്ഷ്മമായാൽ വീണ്ടും ആ പ്രതിബിംബം തെളിയും ഇത്രേ ഉള്ളൂ അപ്പോൾ പ്രതിബിംബമുള്ളതിനെ ബ്രഹ്മമായിട്ട് കാണാം സാർ വിരോധമില്ല പ്രതിബിംബം ഇല്ലാത്തതിന് ശുദ്ധ ശവശരീരം അല്ലെങ്കിൽ മേശ അതിലൊക്കെ പ്രതിബിംബമുള്ളൂ ശുദ്ധ ശവശരീരത്തിലും പ്രതിബമുണ്ട് ആ ശവശരീരത്തിൽ വ്യക്തമായ പ്രതിബിംബത്തോടു കൂടി നിന്ന ചിത്തം ഇറങ്ങിപ്പോയി അപ്പോഴും ഇതിലും പ്രതിബിംബമുണ്ട് ഈ ശുദ്ധജടത്തിലും പ്രതിബിംബമുണ്ട് അപ്പോൾ പ്രതിബിംബമുള്ളതിനെ ബ്രഹ്മമായി കാണാം അല്ലാത്തതിനെ ബ്രഹ്മമായി കാണുന്നത് ശരിയാണോ സാർ പേടിക്കേണ്ട എല്ലാത്തിലും പ്രതിബിംബമുണ്ട് അതൊരു ഘട്ടം ഇരിക്കട്ടെ അതിന് ഒരുത്തരം ഇനി വേറൊരുത്തരം ഈ അഖണ്ഡബോധം ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുക ആകാശം പോലെ ആകാശം ഞാൻ പറയുന്നു ഈ മേശ ആകാശമാണെന്നും തർക്കിക്കാൻ പറ്റും ആകാ ബ്രഹ്മമാണെന്നുള്ള കാര്യം പോകട്ടെ ഈ മേശ ആകാശമാണോ അതെങ്ങനെ സാർ മേശ തുരന്ന് നോക്കും ആകാശമില്ലാത്ത ഒരു പോയിൻ്റ് ഈ മേശയിലുണ്ടോ ഇതൊക്കെ നമുക്കെടുപ്പം മനസ്സിലാവും കൊല്ല ശാസ്ത്രമാണ് ബ്രഹ്മോ അത് മുമ്പേ അടിക്കണ്ട ആകാശം ഇത് ഇവിടൊക്കെ ഇല്ലേ ആകാശം ഈ മേശയിൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു ആകാശമില്ലാത്ത സ്പേസ് ഇല്ലാത്ത ഒരൊറ്റ പോയിൻ്റ് അപ്പം ആകാശമല്ല ഈ കാണുന്നത് ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ ീ ആകാശത്ത് പോലും ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമാണ് ബ്രഹ്മം ബ്രഹ്മത്തിന് നിൽക്കാൻ ആകാശം ആവശ്യമില്ല മറ്റെന്തിനും നിൽക്കാൻ ആകാശം വേണം സ്പേസ് വേണം ബ്രഹ്മത്തിൽ തോന്നുന്ന ആദ്യത്തെ ഒരു ഭ്രവമാണ് ആകാശം സ്പേസ് ബ്രഹ്മത്തിൽ അപ്പോൾ ആകാശത്തിൻ്റെ തോന്നൽ മുമ്പ് ബ്രഹ്മം ഉണ്ടായേ പറ്റൂ ഉപനിഷത്ത് ചോദിക്കുന്നുണ്ട് നമുക്കൊക്കെ ഉള്ള സംശയം ഉപനിഷത്തുകളിൽ തീർത്തിട്ടുണ്ട് അപ്പോൾ ഉപനിഷത്ത് ചോദിക്കുന്നു ആകാശം പിന്നീടാണ് ഉണ്ടായതെങ്കിൽ ബ്രഹ്മം എവിടെ നിൽക്കുന്നു ഗംഭീരമായ ചോദ്യമാണ് പിന്നീടുണ്ടാകുന്ന ആകാശത്തിൽ ബ്രഹ്മത്തിന് നിൽക്കാൻ ഒക്കില്ലല്ലോ ഉത്തരവെന്താ ബ്രഹ്മത്തിന് നിൽക്കാൻ ആകാശം ആവശ്യമില്ല ആകാശം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാത്തിനും നിൽക്കാൻ ബ്രഹ്മം വേണം എന്താ ബ്രഹ്മം നുഭവത്തിൽ നിൽക്കുന്നു ഉണ്ട് എന്ന് ശുദ്ധമായി അനുഭവിക്കുമ്പോൾ ആകാശത്തിൻ്റെ ചിന്ത പോലുമില്ല എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നില്ല ഉണ്ട് എന്ന് വ്യക്തമായ അനുഭവം ഇനി എന്ത് ചോദ്യം എന്ത് ചോദ്യം എവിടെ ഉണ്ട് ഉണ്ട് ഉണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് ആരെങ്കിലും ചോദിക്കാറുണ്ട് എവിടെയുണ്ട് എന്ന് ചോദിക്കാറില്ലല്ലോ സ്വേമഹിമനി സ്ഥിത എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഉണ്മ ഉണ്മയിൽ സ്ഥിതി ചെയ്യുന്നു ബോധം ബോധത്തിന് നിൽക്കാൻ ആകാശം ആവശ്യമില്ല അപ്പോൾ ഈ ബോധം ആകാശത്തെ പോലും ഉണ്ടാക്കുന്നതാണ് ആകാശം തന്നെ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ പിന്നെ ബോധം നിറഞ്ഞു നിൽക്കാതിരിക്കാൻ പറ്റുമോ ഈ മേശ നിറ ും ശുദ്ധ ബോധം പ്രചുല ബോധം പോട്ടെ ശുദ്ധബോധം നിറഞ്ഞു നിൽക്കുക ബോധമില്ലാത്ത പോയിന്റ് ഇതിലുണ്ടോ എന്തുകൊണ്ട് സ്പേസ് ഇല്ലാത്ത പോയിന്റ് ഇതിലുണ്ടോ സ്പേസ് പോലും ഈ ബോധത്തിലുണ്ടാവുന്ന ഒരു തോന്നല്ല ഇതാര് പറയുന്നു ഇത് കൃഷ്ണൻ ഭാഗവതത്തിൽ ബുദ്ധവരോട് പറയുകയാണ് ബുദ്ധവർ ചോദിച്ചു ഒരുപാടൊക്കെ കൃഷ്ണൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ഉദ്ധവർ ചോദിച്ച് എന്നെ കൊണ്ട് ഈ യോഗമൊന്നും പറ്റില്ല എനിക്കിപ്പോൾ ഭഗവാനെ കാണണം ഇപ്പോൾ താമസിക്കാനൊന്നും നോക്കില്ല നിങ്ങൾക്കത് പറ്റുമോ കൃഷ്ണനോട് ചോദിക്കുകയാണ് യഥാ അഞ്ച ശാപമാനസിച്ചേ ഇപ്പം എനിക്ക് ഭഗവാനെ കാണണം താമസിക്കാനൊക്കില്ല കൃഷ്ണൻ പറഞ്ഞ ഈടാ മാഷയാ നീ പിന്നെ എന്തിനായി കാണുന്നത് മാമേവ സർവഭൂതേഷു ബഹിരന്തരപാതൃത്വം ഈ ക്ഷേത്ര Yatha, Kham, അമലാശയ കൃഷ്ണൻ കൊടുക്കുന്ന ദൃഷ്ടാന്തം ആകാശമാണ് സകല കാഴ്ചകളിലും ആകവും പുറവും നിറഞ്ഞ് ഈശ്വരൻ ബ്രഹ്മം ശാസ്ത്രീയമായി ഈശ്വര തത്വം ബ്രഹ്മമാണ് ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു എന്ന് കാണ നിന്റെ മുമ്പിലല്ലേ ഈ പദാർത്ഥമൊക്കെ നിനക്ക് ഈശ്വരനെ കാണണം ഞാനിനി ഇവിടെ കൊണ്ടുപോയി കാണിച്ചു തരാൻ നീ കാണുന്നതൊക്കെ ഈശ്വരൻ നിനക്കത് പിടികിട്ടുന്നില്ല ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യാൻ നീ ഈശ്വരൻ മേശയായി തെറ്റിദ്ധരിക്കുന്നു ഈശ്വരനെ അതായി തെറ്റിദ്ധരിക്കുന്നു ഇതായി തെറ്റിദ്ധരിക്കുന്നു ഞാനാണ് ഉത്തരവാദി ഈ കൃഷ്ണൻ ഉദ്ധകരോട് പറയുകയാണ് അല്ലെങ്കിൽ ഉദ്ധകരെ മാമേവ എന്നെ തന്നെ അവിടെ കൃഷ്ണൻ ദേവീ സൂത്രനായ കൃഷ്ണനൊന്നുമല്ല ദേവകീ ഗുദ്ധനായ കൃഷ്ണൻ ഇവിടേക്കും നിറഞ്ഞിരിക്കുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചു അത് കഴിഞ്ഞ് ആൾ ക്ലോസായി അത്രയേ ഉള്ളൂ അപ്പോൾ ദേവകി ഗുദ്ധനായ കൃഷ്ണനല്ല മാമേവ സർവഭൂതേഷു അമീപം മുതൽ ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള എല്ലാ കാഴ്ചകളിലും ഉദ്ധവരെ ബഹിരന്തരപാവൃതം ആകമങ്ങോ പൂർവമങ്ങോ ൊരു വ്യത്യാസവും ഇല്ലാതെ ആർക്കും കാണത്തക്കവണ്ണം അല്പം ശ്രദ്ധിക്കണം ആർക്കും തെളിയത്തക്കവണ്ണം ബഹിരന്ത അപാപൃത വെച്ച് ഒരു മറവുമില്ല ആകാശം ഈ മേശയിൽ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് കാണാൻ എന്തോന്നറവ് സ്വല്പം ബുദ്ധി വേണം എന്തും നിറഞ്ഞു നിൽക്കുന്ന ആകാശം അതേ മേശയിൽ ഏതെങ്കിലും പോയിന്റിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു മേശ എവിടെ വേണോ തുറന്നോ തുറന്ന് നോക്കോളൂ ആകാശമില്ലാത്ത ഒരു പോയിന്റിലോ ഉണ്ടോ അപ്പോൾ മാമയേവ സർവഭൂത്തേഷു ബഹിരന്തരപാവൃതം ഈ ക്ഷയത്തോ കാണോ ഉദ്ധവരോട് പറയാണ് ഇയാൾ ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നു എന്നിട്ടെന്നെ ഇതേവരെ പിടി കിട്ടാതെ ഇപ്പം ഈശ്വരനെ കാണുക ഞാനെന്ത് ചെയ്യാനാണ് എൻ്റെ പൊന്നുദ്ധവരെ നമ്മൾ രണ്ടുപേരും കൂട്ടുകാരും ഒക്കെ തന്നെ എങ്കിലും നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്കത്യന്തം കുണ്ഡിതമുണ്ട് കണ്ടതവും ഞാനേ ഒന്നുകൂടെ നിങ്ങൾ കാണുന്നതൊക്കെ ഞാൻ ഇനിയിപ്പം ഞാൻ ഈശ്വരനെ ഇവിടെ കൊണ്ടുപോയി കാണിക്കാനാണ് മാമേവ സർവഭൂത യേശു ബഹിരങ്കര പാകൃത്തം ഈ ക്ഷേത കാണൂ ആത്മനിച്ച് നിങ്ങളുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നു പുറത്തും നിറഞ്ഞിരിക്കുന്നു കാണും നിങ്ങളുടെ ഉള്ളിലും പുറത്തും ആത്മനുജാത്മാനം അത് എന്താണ് കൃഷ്ണ യഥാർത്ഥം അമലാശെ ഒരു ശുദ്ധ ബുദ്ധിക്ക് ആകാശത്തെ കാണാൻ പറ്റുന്നത് പോലെ കാണുമോ ഒരു ശുദ്ധ ആകാശം യഥാ പുറത്തൊക്കെ കാണാമല്ലോ ഈ ആകാശമില്ലാത്ത ഒരു പോയിന്റ് ഈ ലോകത്തെവിടെയാണ് ഉള്ളത് അപ്പോൾ സർവം ആകാശമയം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ശൂന്യാകാശം സാധ്യമല്ല ഇത് ചിതാകാശമാണ് ഈ ആകാശത്തിൽ നിറഞ്ഞ് ബോധം നിൽക്കുന്നു ഇവിടെയൊക്കെ നിറഞ്ഞ് നിശ്ചലമായി ആനന്ദഹനമായി ബോധം നിൽക്കുന്നു ബോധത്തിന് മറച്ചുകൊണ്ട് മായ ആദ്യം ഉണ്ടെന്ന് തോന്നിച്ച ഒരു ഭ്രമമാണ് ആകാശം ദേശം ദേശവും കാലവും ഒക്കെ റിലേറ്റീവാണ് എന്നൊക്കെ ഐൻസ്റ്റീനും മറ്റും പറഞ്ഞിട്ടില്ലേ ഒക്കെ റിലേറ്റീവ് ഈ സത്യമാറി ഇന്ന് അന്നല്ലാതെ സാപേക്ഷങ്ങളായ ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ രഹസ്യം പിടികിട്ടുകയില്ല വെറും ഭ്രമം ദേശം എവിടെയുണ്ടായി അഖണ്ഡ ബോധത്തെ മറച്ചുകൊണ്ട് മായ മായ തോന്നിച്ച ഒരു ഭ്രമം മായ തോന്നിക്കുന്നതൊക്കെ ഭ്രമം എന്തായാലും ആകാശം നിറഞ്ഞു നിൽക്കുകയാണെന്ന് കാണാം അത് ബോധത്തിലാണെങ്കിൽ ബോധം ഈ മേശയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ അപ്പോൾ മാമേവ സർവഭൂതയേഷു ബഹിരന്തരപാവൃത്തം ഈ ക്ഷയത ആത്മനിജാത്മാനം യഥാഖം അമലാശയ ഒരു ശുദ്ധബുദ്ധി ആകാശത്തെ കാണുന്നതുപോലെ കാണാടോ വാസുതി ഇത്രയൊക്കെ പറഞ്ഞാലും സർവം ഈശ്വരമയം എന്ന പരമസത്യം വേറൊന്നും ഇവിടെ ഇല്ല നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഒന്നും പിടിയിട്ടില്ല എവിടെയൊക്കെ പോയാലും ഒന്നും പിടിയിട്ടില്ല ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ പ്രതിബിംബം കണക്കാക്കിയാലും ജീവനെ കണക്കാക്കിയാലും ഇവിടെയൊക്കെ ഉണ്ട് യഥാർത്ഥ ബ്രഹ്മത്തെ കണക്കാക്കിയാലും ഇവിടെയൊക്കെ ഉണ്ട് ഇനി ഇതിനെ ബ്രഹ്മമായി കാണാമോ മൂന്നാമതൊരു ഉത്തരം കൂടെ ഇതിലുണ്ട് ഈ കാണുന്നത് മുഴുവൻ ഭ്രമമാണ് ബോധത്തിൽ ഭ്രമം ഭ്രമം അന്തിമ വിശകലനത്തിൽ വസ്തുവാണ് ഭ്രമമാർക്ക വസ്തുവിനെ അറിയാത്തവർക്ക് വസ്തുവിനെ അറിയാത്ത ഒപ്പം നമ്മുടെ ഇതൊക്കെ ഭ്രമമാണ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് അവർക്കിത് ഭ്രമമാണെന്നല്ല അവർക്ക് ഈ വസ്തുവേ ഇല്ല ബോധത്തെ ബ്രഹ്മത്തെ വ്യക്തമായി സാക്ഷാത്കരിച്ചവർക്കിവിടെ ബ്രഹ്മമല്ലാതെ അതല്ലേ കൃഷ്ണൻ പറ ഇന്ന് ഞാനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല അർജുന നമ്മൾ ഏഴാമധ്യായത്തിൽ തന്നെ കേട്ടതല്ലേ കൃഷ്ണന് ഇവിടെ പലതില്ല അർജുന നീ പലത് കാണുന്നുണ്ടെങ്കിൽ സത്യം കണ്ടയാളിനോടുള്ള ചോദ്യമാണ് ഇതൊക്കെ എന്താ പെട്ടെന്ന് ഇത് ഭ്രഹ്മാണ് എന്ന് പറഞ്ഞാൽ പിടികിട്ടില്ല എടു ഇതൊക്കെ ഒരു ഭ്രമമാണ് ചെയ്ത ഇവിടുന്ന് ഉണ്ടായിരുന്നോ എന്തിനുണ്ടായിരുന്നോ ഒന്നും ആർക്കും നിശ്ചയമല്ല അതുകൊണ്ട് ഇതൊക്കെ ഭ്രമമാണ് അവരുടെ കാര്യമല്ല പറയുന്നത് നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറയുകയാണ് ഏതുപോലെ സന്ധ്യയ്ക്ക് നടന്ന് പോയപ്പോൾ വഴിയിൽ ഒരു കയറി കിടക്കുന്ന പാമ്പാണെന്ന് ഈ ആര് ഇയാൾ പേടിച്ച് പറഞ്ഞ് നിൽക്കുക അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് നിങ്ങളെന്തായാലും ഇവിടെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നത് അതാ അതാ ഒരു പാമ്പ് മടയാ അത് പാമ്പല്ല ഞാൻ കാണുന്നതോ പാമ്പിനെ ഇട വെറും ഭ്രമം അയാൾക്ക് പാമ്പില്ല അവിടുന്ന് വരുന്ന ആൾക്ക് പാമ്പേ ഇല്ല നീ പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ വെറും ഭ്രമം നീ കുറച്ചുകൂടി അടുത്തോട്ടിയല്ല അവിടെ കയറേ ഉള്ളൂ ഇട ഞാൻ ഇപ്പോൾ അവിടുന്ന് വരുന്നതാണ് ആ കയറി നീ കണ്ടിട്ട് വരുന്നതാണ് അപ്പം അവിടെ പാമ്പേ ഇല്ല അപ്പം ചോദ്യം എന്താ നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നതോ ഇഷ്ടമാണ് ഇവിടെ പലരും ഇല്ല കൃഷ്ണൻ തീർത്തുദ്ധകരോട് പറയുകയാണ് എടോ പലരും കാണുന്നത് ഭ്രമം അപ്പോൾ ചോദിക്കുകയാണ് പിന്നെ ഞാൻ കാണുന്നതോ ഞാനിവിടെ സൂര്യനെ കാണുന്നു നീ കാണുന്നുണ്ടോ നീ കാണുന്നുണ്ടെങ്കിലത് ഭ്രമം നീ കാണുന്നത് ഭ്രമം ഞാൻ കാണുന്നില്ല ഇതാണ് വസ്തുത ഭ്രമം അപ്പം സത്യം കണ്ടയാൾ ഭ്രമമെന്ന് പറയുന്നെങ്കിലും അന്തിമ വിശകലനത്തിൽ വസ്തുവാണ് അപ്പം ഞാൻ കാണുന്ന പാമ്പ് മടയാ ഞാൻ കണ്ടിട്ട് നീ കാണുന്ന പാമ്പ് കയറാറാണ് ബോധ്യപ്പെട്ടില്ലല്ലോ അടുത്തൊട്ടിന്ന് നോക്ക് ഞാൻ പറയും ഇന്നത് കള്ളണല്ല ഞാൻ കണ്ടിട്ട് വരികയാണ് നീ കാണുന്ന പാമ്പ് എടോ കയറാണ് കയറാണ് കയറാണ് അത് അങ്ങോട്ടിന്ന് നോക്കും അല്ല ഇപ്പം ഇവിടെ നിന്ന് തർക്കിച്ചിട്ടൊന്നും വലിയ വിശേഷമില്ല അപ്പോൾ ആ പാമ്പ് കയറാണ് വസ്തുവാണ് അന്തിമ വിശകലനത്തിൽ മറ്റുള്ളവരോട് ഭ്രമമെന്ന് പറയുന്നതൊക്കെ വസ്തു തന്നെ മരുഭൂമിയിൽ കാണുന്ന വെള്ളം മരുഭൂമി തന്നെ അവിടെ കാനൽ ചില ഒരു തുള്ളിവെള്ളം പോലും ഇല്ല നട്ടുച്ചയ്ക്ക് നോ നോക്കിയാൽ ഒരു ജലാശയം ഇങ്ങനെ ഉള്ളതുപോലെ തോന്നും ഒരു തുള്ളിവെള്ളമില്ല മരുഭൂമി മുഴുവൻ നോക്കി നടന്നിട്ട് ഒരാളിങ്ങോട്ട് വരികയാണ് വരുമ്പോഴാണ് മരുഭൂമിയുടെ വട്ടത്തിൽ നിന്നുണ്ട് ആ സ്നേഹിത അവിടെ ഒക്കെ വലിയൊരു സരസ് കാണുന്ന എടോ കുഞ്ഞെ അവിടെ പോലും ഒന്നുമില്ല പിന്നെ ഞാൻ കാണുന്നതോ നിങ്ങൾ കാണുന്നതൊരു ഭ്രമമാണ് എന്നുവെച്ചാൽ നിങ്ങൾ കാണുന്നത് മരുഭൂമിയാണോ അവിടെ വെള്ളമില്ല നിങ്ങൾ കാണാൻ വെള്ളമില്ല നിങ്ങൾ കാണുന്നത് മരുഭൂമിയാണ് അപ്പോൾ അന്തിമ വിശകലനത്തിൽ ഭ്രമമെല്ലാം വസ്തുവാണ് അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മോട് പറയുന്നത് കുഞ്ഞെ ഇമാ ഖടപടാകാര പദാർത്ഥശതശക്തയ ബ്രഹ്മൈവ നാന്യ സ്ഥിതി നിശ്ചയ സമ്യകീക്ഷണം ഈ കുടം വസ്ത്രം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് മുഴുവൻ കുഞ്ഞെ ഘടപടാകാര പദാർത്ഥശതശക്തയ ബ്രഹ്മൈവ ബ്രഹ്മം തന്നെ ഞങ്ങൾക്കത് സംശയമില്ല നീ പലത് കാണുന്നുണ്ടെങ്കിൽ തൽക്കാലം ഭ്രമം ഭ്രമമൊക്കെ വസ്തുവാണ് സ്ഥിതി നിശ്ചയ സമ്യരീക്ഷണം ഈതാണ് സത്യദർശനം ഇവിടെ വേറെ ലേശം പോലും പലതില്ല ഈതാണ് സത്യദർശനം അപ്പോൾ ഇവിടെ മേശയും മറ്റും പ്രതിബിംബമില്ല ബ്രഹ്മമില്ല ബ്രഹ്മമായി കാണുന്നത് ശരിയാണോ എന്ന് സംശയം ചോദിച്ചാൽ ഇപ്പം പിടികൂറ്റിയുള്ള മൂന്ന് തരത്തിലും സംശയമാണ് ഇതിനെ ബ്രഹ്മമായിട്ട് കാണുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് ജീവനുള്ളതിനെ ബ്രഹ്മമായിട്ട് കാണാം അല്ലാത്തതിനെ കാണുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് അത് സമ്മതിച്ചു കയറിൽ കാണുന്ന പാമ്പ് ഭ്രമമാണ് പക്ഷേ സാർ ആ പാമ്പിൻ്റെ ആ കയറിൽ കാണുന്ന പാമ്പിൻ്റെ തല കയറാണെന്ന് സമ്മതിക്കാം വാലും കയറാണോ സാർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാനാണ് തല കയറാണോ എന്ന് ഞങ്ങൾ സമ്മതിക്കാം അതിൻ്റെ വാലും കയറാണോ എന്ന് ചോദിക്കുമ്പോഴുള്ള ചോദ്യമാണ് ഈ ജഡുദ്ധജമൊക്കെ ബ്രഹ്മമാണോ എന്ന് ചോദിക്കുന്നത് വ്യക്തമായ വസ്തുബോധം ഉണ്ടാകുമ്പോഴേ നമുക്കിതൊക്കെ പിടികിട്ടും നമ്മളിപ്പോൾ ഗീത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗീത അതിഗംഭീരമായ അദ്വൈത വേദാന്തശാസ്ത്രമാണ് ശാസ്ത്രം അത് നമ്മളിവിടെ ഗീതാവസ്തുവുമൊക്കെ കൊണ്ടുവന്ന് ഓരോ പദ്യവും നമ്മളിവിടെ ഗീതാർച്ചയായി നമ്മളെ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പദാർത്ഥവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വീട്ടിൽ പോകാം എന്നാണ് ഒരു വിശേഷവും ഇല്ല ഗീത അങ്ങനെ ഇങ്ങനെ ജീവിതം മുഴുവൻ ഗീത പിടിച്ച് പതിനെട്ടധ്യായവും കാണാതെ പിടിച്ച് പറഞ്ഞുകൊണ്ട് നടന്നാലും കാര്യമായ ഒരു വിശേഷമില്ല ഒരൊറ്റ ശ്ലോകമെങ്കിലും നേരെ ചോദ്യം മനസ്സിലാകാമെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലേ രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം ശ്ലോകോ ചാർജുവിനോ നമ്മളാരും ഇതേവരെ ഇല്ലാതിരുന്നിട്ടില്ല ഇനിമേൽ ഇല്ലാതാവുകയുന്നില്ല അതൊക്കെ നേരെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഗീത ഗംഭീരമായ അദ്വൈത വേദാന്തശാസ്ത്രമാണ് വസ്തു അദ്വൈതമാണ് അദ്വൈത ബോധം രണ്ടില്ലാത്ത ബോധം ഇവിടെയും ഉടനെ സംശയം വരാമേ അല്ലേ സാറേ അവരുടെ മധ്വാചാര്യർ ദ്വൈതം പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈതമ്പർ പലരും പലതും പറഞ്ഞിട്ടുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ആരംഭത്തിൽ രണ്ടുണ്ടായി രണ്ടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല രണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ രണ്ടിനെയും നിലനിർത്താൻ മൂന്നാമതൊന്നിനെ അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവ എവിടെ നിൽക്കും അപ്പോൾ തീർന്നു അദ്വൈതമൊക്കെ തീർന്നു പക്ഷെ ആർക്കും ചിന്തിക്കാനൊന്നും തയ്യാറില്ല ഞാൻ വളരെ നാൾ ചിന്തിച്ചു നോക്കിയെന്ന് വെച്ചാൽ ഈ അദ്വൈതത്തെ എതിർക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ അദ്വൈതം ഉറച്ചു വരും എത്ര കണ്ട് അദ്വൈതത്തെ എതിർക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് അദ്വൈതം ഉറച്ചു വരും പക്ഷെ ആത്മാർത്ഥമായി ശ്രമിക്കണം എല്ലാ വേദാന്തഗ്രന്ഥങ്ങളിലും തത്വമദ്വൈതമാണ് എന്നാവർത്തിച്ചുറപ്പിക്കുന്നു ഭാഗവതമല്ലേ നമ്മുടെ ഭക്തിശാസ്ത്രം ഭാഗവതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഇവിടെ വസ്തുവന്നേ ഉള്ളൂ ആദ്യം തന്നെ പറയുന്നു സൂതൻ അല്ലയോ ശബ്നകാരി മുനിമാരെ വകന്തി തത്വം യജ്ഞാനമദ്വയം എന്താ ഇവിടെ ഭാഷയ്ക്ക് ഇത് ഭാഗവതത്തിൽ വരികയാണ് ഭാഷയ്ക്കുമല്ല സന്ദേഹം വരേണ്ട കാര്യമുണ്ടോ വദന്തി തത്വവിത തത്വവിത്തുകൾ പറയുന്നു എന്താ തത്വം തത്വം യത് ജ്ഞാനമത്വയം രണ്ടിൻ്റെ അനുഭവമില്ലാത്ത ബോധം എടുത്തു പറയുന്നു ജ്ഞാനം അദ്വയം ഭാഗവതം ഭാഗവതത്തോട് നമ്മൾ ഇന്നലെ ഉദ്ധരിച്ച ശ്ലോകങ്ങളല്ലോ ഭാഗവതം പറയുന്നു എന്നാൽ സർവ്വവേദാന്തസാരം സകല ഉപനിഷത്തുകളുടെയും സാരമാണ് സർവ്വവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വനിശ്ചയം ബ്രഹ്മ ബ്രഹ്മവും ജീവനും പ്രപഞ്ചവുമൊക്കെ ഒന്ന് ഒന്ന് നിശ്ചയിക്കുന്ന ശാസ്ത്രമാണ് വസ്തു അദ്വിതീയം ഇതിലപ്പുറം ഇനി നല്ല ഭാഷയിൽ പറയാൻ നോക്കൂ വസ്തു അദ്വിതീയം രണ്ടില്ല രണ്ടിൻ്റെ ലേശം പോലും ഇല്ലാത്ത അഖണ്ഡ ബോധമാണ് ഇവിടെ വസ്തു വസ്തു അത്യജീവ്യം എന്താ പ്രയോജനം കൈവല്യക പ്രയോജനം നിങ്ങളും ഇതു കൊള്ളൂ കൈവല്യം ഒന്നേ ഉള്ളൂ എന്ന ഉറപ്പാണ് കൈവല്യം നമുക്ക് ആ ഉറപ്പ് വന്നാൽ നമ്മളും ഈ ജഗത്തും ഒന്ന് കൈവല്യം കേവലത്തിൻ്റെ ഭാവം കേവലം എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് രണ്ടില്ല കൈവല്യക പ്രയോജനം ഭാഗവതം മുഴുവനും എന്തുദ്ദേശിച്ചിരിക്കുന്നു കൈവല്യമെന്ന ഒരൊറ്റ പ്രയോജനം നേടാനുള്ള അതാണ് ഭാഗവതം പിന്നെ ഇവിടെ ഭക്തി അത് ഇത് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ഈ തത്വം ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളും ഉപായങ്ങളും ഗീതയിലും അതുതന്നെ ഇതാണ് ഗീതയുടെ വ്യവസായാത്മിക ബുദ്ധിരേഖ ഒന്നേ ഉള്ളൂ സത്യനിശ്ചയം വന്ന ബുദ്ധി ഇതാണ് ജ്ഞാനം ഗീത ഒരു ജ്ഞാനശാസ്ത്രമാണ് ഭാഗവതം ഒരു ജ്ഞാനശാസ്ത്രമാണ് ഒന്നും ഭക്തിയല്ലേ ഭക്തിയൊക്കെ ഉണ്ട് ഉപായങ്ങൾ ലക്ഷ്യം നോക്കി വേണം ശാസ്ത്രം നിറഞ്ഞയിക്കാൻ ഭാഗവതം ജ്ഞാനശാസ്ത്രമാണെന്ന് ആര് പറയുന്നു ഭാഗവതം പറയുന്നു അല്ലാതെ ഞാനോ നിങ്ങളെ പറയുന്നത് ഭാഗവതം പറഞ്ഞാലും വിശ്വസിക്കില്ലെങ്കിൽ പിന്നെ ഇനി ആർക്കാരെ വിശ്വസിക്കാൻ പറ്റും ഗീത ജ്ഞാനശാസ്ത്രമാണ് ഭക്തിശാസ്ത്രമൊന്നുമല്ല അവിടെ ഭക്തിയാണ് പ്രധാനം അതാണ് കർമ്മമാണ് പ്രധാനം ഒരിക്കലുമല്ല ജ്ഞാനശാസ്ത്രം എങ്ങനെ അറിയാം ഗീത പറയുന്നു ഒടുവിലെന്താ ഗീത പറയുന്നത് ജ്ഞാനമാഖ്യാതം എന്താ ഭാഷ ഗീത മുഴുക്കേക്ക് വായിച്ചിട്ടുണ്ടല്ലോ പുസ്തകമുണ്ടല്ലോ കൈ ഇതിഥേ ജ്ഞാനവാഖ്യാത്വം അർജുന നിന്നോട് ഞാൻ ഇതുവരെ പറഞ്ഞത് ജ്ഞാനവുമാണ് ജ്ഞാനം നീ ജ്ഞാനമാണ് എത്തിച്ചേരേണ്ട ലക്ഷ്യം ഞാൻ അത് എത്തിച്ചേരാൻ പല ഉപായങ്ങളും മാർഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് വേറെ ഉപായവും മാർഗവും ഒന്നും ലക്ഷ്യമല്ല അത്യന്തം രഹസ്യം പരമരഹസ്യം ഈ ജീവിതത്തിൻ്റെ പരമരഹസ്യമായ സത്യം അതാണ് ആ അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് വിമർശി ചെയ്തത് അശേഷേണ ചുമ്മാ ഇത് കേട്ടിട്ട് പുസ്തകം കൊണ്ടുവച്ച് കേട്ടിട്ടൊന്നും പോയതുകൊണ്ട് വിശേഷമില്ല ഈ സ്വാതന്ത്ര്യം തന്നെ ആര് തരും നിങ്ങൾ പറഞ്ഞ് പറയുന്നത് കേട്ട് മനനം ചെയ്ത് യുക്തിപൂർവ്വം ഉറപ്പിക്കുക നമ്മൾ യുക്തി അനുവദിക്കുമെങ്കിൽ അംഗീകരിക്കുക അതാണ് വാശിഷ്ഠവും മറ്റും പറയുന്ന ഇത് അതിനൊന്നും ആരും തയ്യാറില്ല യുക്തിയുക്തമുപാധേയം വചനം ബാലകാദവ്യ ഒരു കുട്ടിയാണ് പറഞ്ഞാലും യുക്തി അനുഭവത്തിലും അത് ഉറപ്പുവരുന്നുണ്ടോ ഒരു കുട്ടി പറഞ്ഞതായാലും അംഗീകരിക്കൂ അന്യത് തൃണമിപത്യാജ്യം യുക്തിക്ക് പിടികിട്ടാത്തത് തൃണമിതത്യാജ്യം തൃണം പോലെ ഉപേക്ഷിക്കൂ അപ്യുക്തം പത്മയോന അയ്യേ ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നു ഇവിടെ ബ്രഹ്മാവല്ല ഇനി ആരും വന്നു പറയട്ടെ നമുക്ക് ബോധ്യപ്പെടാത്തത് അംഗീകരിക്കാൻ ഒരുമ്പെടരുത് ഏത് ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഒരുമ്പെടരുത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അംഗീകരിക്കും ഇതെന്ത് ലളിതം ബോധമാണ് സത്യം എന്തുകൊണ്ട് ബോധമില്ലേ ജഗത്തില്ല ബോധമുണ്ടോ ജഗത്തുണ്ട് ആര് വേണോ അല്പമൊന്നും മനനം ചെയ്ത് നോക്കട്ടെ ഞാനത്ര ഗംഭീരന്മാരോട് ഇത് പറഞ്ഞു മിണ്ടെന്നില്ല പിന്നെ ആരും വലിയ വാദത്തിനായിട്ടൊക്കെ വന്നതുപോലെ വരുന്നവർ ഈ ഒരു മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ അല്ല ഇനിയൊന്നും പറയാനില്ല സാർ ഞാൻ പോകുന്ന സംശയമൊക്കെ തീർന്നു ഇതത്രയുണ്ട് യുക്തിയുക്തം ഈ യുക്തിയില്ലാത്ത ഈശ്വരനുണ്ട് അവിടെ ഒരു ഈശ്വരൻ ഇരിപ്പുണ്ട് അങ്ങ് അവിടെ ഏ എന്താ കുഞ്ഞേ തെളിവ് അല്ല തേളി വന്നു വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അജ്ഞാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇവിടെ പറ്റില്ല സത്യം അന്വേഷിക്കുന്ന തുറന്നമൻ വിവേകാനന്ദ സ്വാമിയെപ്പോലെ എനിക്ക് സത്യം വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റുമോ ദേവേന്ദ്രനാഥ ടാഗൂറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു രവീന്ദ്രനാഥ ടാഗൂറിൻ്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥൻ ടാഗൂർ എന്താ അങ്ങ് സത്യം കണ്ടിട്ടുണ്ടോ വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുമോ അദ്ദേഹം നേരെ കണ്ടിട്ടില്ല പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിഞ്ഞില്ല അദ്ദേഹം എന്താണ് ഉത്തരം പറഞ്ഞത് കുഞ്ഞേ നിൻ്റെ കണ്ണിന് നല്ല തിളക്കമുണ്ട് സത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം നിൻ്റെ കണ്ണിന് നല്ല തിളക്കമുണ്ട് വിവരാനെന്താ നരേന്ദ്രൻ അപ്പോഴേ വിട്ടുപോയി അങ്ങ് ഈ തിളക്കം നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ സത്യം എവിടെയെങ്കിലും ഉണ്ടോയെന്നൊന്നേഷിക്കട്ടെ അങ്ങനെ നടന്നാണോ ആ ഒരു സത്യാന്വേഷണത്വര വന്നെങ്കിലേ നമുക്കിതൊക്കെ പിഴുവിട്ടു ഗീത പറഞ്ഞു ഇത് ജ്ഞാനശാസ്ത്രമാണെന്നും അല്ലെങ്കിൽ കൃഷ്ണന് പറയാമായിരുന്നു ഇതിതേ ജ്ഞാനമാഖ്യാതം അർജുന ഇതിതേ ഭക്തിരാഖ്യാത വൃത്തമൊന്നും കുഴപ്പം വരില്ല ഇതിതേ ഭക്തിരാഖ്യാത എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏത് സത്യാന്വേഷണ ജ്ഞാനശാസ്ത്രമാണ് അപ്പോൾ എന്നോട് ആരോ ഇങ്ങനെ ഗീത വായിക്കുന്ന ഒരാളാണ് അദ്ദേഹം വന്ന് പറഞ്ഞു ഭക്തിയാണ് പ്രധാനം കർമ്മമാണ് പ്രധാനം അതാണ് പ്രധാനം അന്ന് പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പോച്ചൊല് മാടുമേച്ച് നടന്ന ചെറുക്കൻ അത് ഒരു വസ്തു പിടിയില്ല പോച്ചൊല് ഭക്തിയാണ് ഗീതയിൽ പ്രധാനം ആര് പറയുന്നു ഞാൻ പറയും എന്ന് പറഞ്ഞ ആൾ പോയെന്നാണ് ഗീത ഇനി അങ്ങനെ അദ്ദേഹത്തെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനിട്ട് എങ്ങനെ സാധിക്കും കൃഷ്ണൻ പറഞ്ഞാലും നമ്മൾ അവർക്കില്ലെന്ന് വെച്ചാൽ ഇവിടെ വലിയ തർക്കമല്ലേ ഗീതയിലെന്താ പ്രധാനം വലിയ തർക്കമാണിപ്പോഴും ഭക്തിയാണോ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നല്ലോ ഓ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാലും എനിക്ക് തോന്നുന്നത് ഭക്തിയാണ് പ്രധാനം എന്നാണ് അപ്പോൾ തൊഴുത് പിന്മാരുകയല്ലാതെ വേറെ നല്ല രക്ഷയുമുണ്ടോ ഇതാണ് നമ്മുടെ ഗീതാപഠനം ഗീത നമ്മൾ പുസ്തകം കയ്യിൽ വെച്ച് ആ ഗീതാശ്ലോകത്തിൻ്റെ പദാർത്ഥമൊക്കെ മനസ്സിലാക്കിപ്പോയതുകൊണ്ട് ഒരു വിശേഷമില്ല ഞാൻ ഗീത പഠിക്കാൻ ശ്രമിച്ചു മിക്കവാറും എല്ലാ ഗീതാ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല എല്ലാവരോടും എനിക്ക് വളരെ ബഹുമാനമാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ ഈശ്വരനാണ് അപ്പോൾ ആരെയും കുറ്റം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഇന്നാരും പറഞ്ഞു അതുകൊണ്ട് ഇത് ശരി നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മാവ് പറഞ്ഞാലും അങ്ങനെ ശരിയെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കരുത് സ്വാമിരാമൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ക്രിസ്തുവിനോ നബിക്കോ ബുദ്ധനോ കൃഷ്ണനോ അടിമപ്പെടുത്തരുത് ചേരും പോകുന്നു അതെനിക്ക് അതുപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ശ്രവണം മനനം ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട് കേട്ടിട്ട് മനനം ചെയ്യൂ ഇത് സത്യമാണ് ഒന്നാൽ അങ്ങനെ ഞാനിതൊക്കെ വായിച്ചു നോക്കി ഒട്ടേറെ ഗീത വ്യാഖ്യാനങ്ങൾ വായിച്ചു നോക്കി ഒട്ടേറെ എന്ന് വെച്ചാൽ മഹാപ്രസിദ്ധന്മാർ ബാലഗംഗാധരതിലകൻ്റെ ഗീതാരഹസ്യം പഠിച്ചു നോക്കി മഹാത്മജിയുടെ അനാസക്തി യോഗം പഠിച്ചു നോക്കി അതൊക്കെ അവരൊക്കെ മഹാഗംഭീരന്മാർ ഇപ്പോൾ മഹാത്മജിയോ ബാലഗംഗാധരതിലകനോ നിസ്സാരപ്പെട്ട ആളുകളാണോ രാഷ്ട്രീയ രംഗത്തും നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അങ്ങേറ്റം ത്യാഗം സഹിച്ച അതിഗംഭീരന്മാർ പക്ഷെ അവർ അവർ പറഞ്ഞു ഇത് കർമ്മമാണ് പ്രധാനം അവ കൃഷ്ണൻ പറയുന്നു ജ്ഞാനമാണ് പ്രധാനം എന്ന് തിലകൻ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ ഒക്കും മഹാത്മജി തൻ്റെ അനാസക്തി എന്ന് പറയുന്ന ഓരോ അംശം പ്രത്യേകം അങ്ങോട്ട് എടുത്തുക അനാസക്തി യോഗം നല്ല വ്യാഖ്യാനങ്ങളൊക്കെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വ്യാഖ്യാനം അരവിന്ദഘോഷൻ്റെ വ്യാഖ്യാനം ഇതൊക്കെ ചെറിയ ചെറിയ വ്യാഖ്യാനങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു പദാർത്ഥം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് വിവരിക്കും ഇതുകൊണ്ട് ഗീത എന്തിനു മനസ്സിലാവാനാകും ഞാനിതൊക്കെ വായിച്ചു നോക്കി എന്തിന് ഈ അടുത്ത് ജ്ഞാനേശ്വരി മഹാഭക്തൻ ജ്ഞാനേശ്വരൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ അതിൻ്റെ ഭാഷാന്തരം വന്നിട്ടുണ്ട് ഞാൻ അതിനു മുൻപ് തന്നെ ഇംഗ്ലീഷിൽ ജ്ഞാനേശ്വരി വായിച്ചു നോക്കി വാസ്തവത്തിൽ തുറന്ന മനസ്സോടെയുള്ള ഭക്തിയുടെ ഒരു പ്രവാഹമാണ് ജ്ഞാനേശ്വരി അത് വായിച്ചിരുന്നാലും നമ്മളറിയില്ല സമയം പോകുമ്പോൾ അറിയില്ല എന്നുവെച്ചാൽ നമ്മുടെ മനസ്സും ഭക്തിയിൽ മുഴുകും അത്ര കണ്ട് ഗംഭീരമായ ഒരു ഭക്തിപ്രവചനമാണ് ജ്ഞാനേശ്വരിയെ പക്ഷെ ഗീത ഉപനിഷത്തുകളെ ആസ്പദമാക്കി ഗോപാലകൃഷ്ണൻ എന്ന കറവക്കാരൻ കറന്നെടുത്ത ശാസ്ത്രമാണ് ഗീത അത് വെറും ഭക്തിയുടെ പ്രവാഹം കൊണ്ട് പഠിക്കാനേ സാധ്യമല്ല ഇതി ഗുഹ്യതമം ശാസ്ത്രമികം മയാനക ഏതിമാനുസ്യാ കൃതകൃത്യസ്ഥ ഭാരത കുഞ്ഞെ പതിനഞ്ചാം അധ്യായത്തിൽ ഒടുവിൽ കൃഷ്ണൻ പറയുന്നതാണ് ഇത് ഗുഹ്യതമം ശാസ്ത്രം ഗുഹ്യതമം പരമസത്യത്തെ സൂര്യതുല്യം വെളിപ്പെടുത്തുന്ന ശാസ്ത്രമാണ് അർജുന ഈ ഗീത ഇത് ഗുഹ്യതമൊന്ന് ശാസ്ത്രവിധമുക്തം മയാ അനഖക്ക് വിത്തശുദ്ധി ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞത് മതി എനക്ക് അത് മനസ്സിലാക്കാൻ വിധമുക്തം മയ ഏത ബുദ്ധി മനസ്സ്യാൻ വ്യക്തമായിട്ട് ഈ സത്യം ഗ്രഹിക്കണം അല്ലാതെ എനിക്ക് ഭക്തിയുണ്ട് അതുകൊണ്ട് ഇത് ഉള്ളത് പറഞ്ഞുകൊണ്ട് വിശേഷമില്ല ഏകദ് ബുദ്ധ ബുദ്ധിമാൻസ്യ കൃതകൃത്യസ്ഥ ഭാരത ഇത് വേണ്ടതെണ്ണം മനസ്സിലാകുമെങ്കിൽ നീ നിൻ്റെ എല്ലാ കർമ്മങ്ങളും കൃത്യമായി അനുഷ്ഠിച്ച് കഴിഞ്ഞിരിക്കുന്നു ജ്ഞാനേശ്വരൻ്റെ മഹാഭക്തനായിരുന്നെ പൂർണ്ണമായും ഏതാണ്ട് ഈശ്വരനെ അർപ്പിച്ച ഒരു ജീവിതം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഭക്തജയത്തിലും മറ്റുമുണ്ട് വളരെ ഗംഭീരനായ ഒരു ഒരു സിദ്ധൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ മഹത്വക്കുറിച്ചും ഒരു കഥ ഗീത എഴുതി ഞാൻ ഈശ്വരൻ്റെ വീട്ടിൽ വളരെ കഷ്ടപ്പാടാണ് ദാരിദ്ര്യം ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാൻ പോലൊന്നും വ്യക്തിയില്ല ഗീത വ്യാഖ്യാനം എഴുതി ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ പട്ടിണിയാണ് കഞ്ഞി വയ്ക്കാനൊന്നും ഭാര്യയില്ലാതൊന്നുമില്ല ഭാര്യ ഒന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ അദ്ദേഹം ഒന്നും വയ്ക്കാറില്ല അങ്ങനെ അത് മഹാഭക്തൻ സംശയമൊന്നുമില്ല പക്ഷേ ഈ അദ്വൈതത്വം പൂർണ്ണമായും ശാസ്ത്രീയമായി ഉപനിഷത്തുക്കളെ അനുസ്പദമാക്കി വേദാന്തശാസ്ത്ര പഠനത്തോടു കൂടി ഈ അദ്വൈതസത്യം അദ്ദേഹം പൂർണ്ണമായും സാക്ഷാത്കരി സ്വാംശീകരിച്ചില്ല ആ അപ്പോൾ അദ്ദേഹം എഴുതി കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു ശ്ലോകമെന്നും അനന്യാശിന്തോമാം പരിവിാസത്തെ തേടാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എഴുതി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനീശ്വരനു തോന്നി അടു യോഗേമം വഹാമ്യഹം യോഗക്ഷേമം ഞാൻ വഹിക്കുന്നു ഇത തലയിൽ ചുമക്കുന്നു എടാ ഇതെന്തൊരു കഷ്ടം നമ്മുടെ ആ കാരുണ്യനിധിയായ കൊണ്ട് ഇങ്ങനെ ചുമപ്പിച്ചാൽ അത് ശരിയല്ല വഹാമി എന്നുള്ള പദം തെറ്റ് ഞാൻ തിരുത്തുന്നു പിന്നെ യോഗക്ഷേമം കരോമ്യഹം എന്ന വഹാമെന്നുള്ളതിന് കരോമി ചെയ്യുന്നു മറ്റത് വഹാമേ നോട്ട്ബുക്കിൽ തിരുത്തി തിരുത്തിയിട്ട് അദ്ദേഹം കുളിക്കാൻ പോവുകയും കുളിക്കാൻ പോയപ്പോൾ അവളെ ഉച്ചയ്ക്ക് ആഹാരമൊന്നും ആയിട്ടില്ല ജ്ഞാനേശ്വരൻ കുളിക്കാൻ പോവുകയും അപ്പോൾ ഒരു കുട്ടി തലയിൽ ആഹാര സാധനങ്ങളൊക്കെ ചുവന്നുകൊണ്ട് അവിടെ തന്നു അവിടെ നിന്ന് അമ്മയുടെ മുമ്പിൽ ആഹാര സാധനമൊക്കെ വെച്ചു അപ്പോൾ അമ്മ ചോദിച്ചാൽ ഇത് എവിടെ നിന്നായിപ്പോൾ ഈ കുട്ടി ഇവിടുന്നവരുന്ന് അത് താ അദ്ദേഹം കുളിച്ചുകൊണ്ട് നിൽക്കുന്നു അദ്ദേഹം തന്നേ അയച്ചതാണ് എല്ലാം ഇവിടെ കൊണ്ട് അമ്മയെ ഏൽപ്പിക്കാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മൃഷ്ടാൻ്റെ ഭോജനത്തിനുള്ള വകൊക്കെ ഉണ്ട് എന്നിട്ട് ആ കുട്ടി പോയി ഈ നോട്ട്ബുക്കൊക്കെ എടുത്തു നോക്കി എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടു ആ കുട്ടിയങ്ങിറങ്ങി പോവുകയും ചെയ്തു അത് ജ്ഞാനേശ്വരൻ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കളയിലൊക്കെ തീ പോയിരുന്നു ചോദ്യം ചെയ്ത് എന്താ ഇപ്പോൾ എടുത്താൽ അതൊരു കുട്ടി ഇവിടെ അങ്ങ് കൊടുത്തയച്ചെന്നും പറഞ്ഞാൽ ഇവിടെ ഈ സാധനമൊക്കെ കൊണ്ടുത്തന്നല്ലോ ഓഹോ ആ ഞാനാരെങ്കിലും കൊടുത്തയച്ചിട്ടില്ല എന്നിട്ട് ആ കുട്ടിയാ നോട്ട് ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ടല്ലോ അപ്പം അത് ജ്ഞാനേശ്വരൻ ചെന്ന് നോട്ട് ബുക്ക് നോക്കി കരളോമേ എന്ന് എഴുതിയതിനെ വെട്ടിയിട്ട് വീണ്ടും മഹാമേ എന്ന് ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നു ഇത് കഥ നടന്നുവില്ലോ ഒരു മഹാഭക്തൻ്റെ മുമ്പിൽ അതൊക്കെ സംഭവിക്കാം ജ്ഞാനേശ്വരനെ അതായത് തന്നിൽ സർവവും അർപ്പിച്ചവനെ ഞാൻ പരമസത്യത്തിൽ കൊണ്ടെത്തിക്കും അദ്ദേഹം അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും എന്നാണ് പന്ത്രണ്ടാമധ്യായത്തിൽ ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നത് ഒരു പക്ഷേ ജ്ഞാനേശ്വരൻ എല്ലാ കാരുണ്യം ചൊരിയാൻ കൂടിയായിരിക്കും ഭഗവാന് വ്യക്തമായി ഉപനിഷ വിദ്യയിലൂടെ അറിഞ്ഞിരുന്ന ഒരാളാണെങ്കിൽ വഹാമി എന്നുള്ളത് കരോമെന്ന് എഴുതുമായിരുന്നില്ല എന്താ കാരണം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ തന്നിൽ വഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്ന ജഗതീശ്വരന് ഒരു ഭക്തനു വേണ്ടി അല്പയോഗക്ഷേമം വഹിക്കാൻ എന്താ പ്രയാസം ഒരിക്കലും ഇത് വ്യക്തി കൃഷ്ണ വ്യക്തി എന്ന ചിന്ത മനസ്സിലിരുന്നതുകൊണ്ടാണ് കൃഷ്ണനെ കൊണ്ട് അങ്ങനെ വഹിപ്പിക്കുന്ന ആ ഭക്തിയുടെ പാരമ്യം അതിലൊന്നും സംശയമില്ല ഞാനീശ്വരനെക്കുറിച്ചു വാസ്തവത്തിൽ ഭക്തജയത്തിലൊക്കെ വായിച്ചു പോയി എന്തൊരു സന്തോഷമായിരുന്നു ജ്ഞാനേശ്വരി വായിച്ചു പോകാൻ ഏറ്റവും പറ്റിയ ഒരു വ്യാഖ്യാനം പക്ഷേ അതുകൊണ്ട് ഗീത പരമസത്യം തെളിയുമെന്നോ ഗീത അതുകൊണ്ട് പഠിക്കാൻ സാധിക്കുമെന്നോ കരുതിയിട്ട് വിശേഷമില്ല അപ്പം ഞാനിതൊക്കെ വായിച്ചു നോക്കിയിട്ട് അതുപോലെ മലയാളത്തിലെയും ഗീതകൾ മിക്കവാറും വായിച്ചു നോക്കി എനിക്ക് അപ്പോഴേക്കും ഏതാണ്ട് ഈ രയും വാസിഷ്ടവും ഒക്കെ വായിച്ച് ഈ സത്യം ബുദ്ധിക്ക് എന്ന് മാത്രമല്ല സത്യമൊരുവിധം നല്ലവണ്ണം ഈ ഗീത എഴുതുമ്പോൾ പിടികിട്ടെഴുതും നല്ലവണ്ണം മലയാളത്തിലെ എല്ലാ വ്യാഖ്യാനങ്ങളും ഞാൻ വായിച്ചു നോക്കി ആരെയും കുറ്റം പറയുകയല്ല ഈ പരമസത്യം ശുദ്ധമായി വെളിപ്പെടുത്തുന്ന ഒരു വ്യാഖ്യാനവും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്കൊരു ഒരു വ്യാഖ്യാനം എഴുതണമല്ലോ വ്യാഖ്യാനം എഴുതണമെന്ന ത്വര കൊണ്ടല്ല ഗീതാതത്വം വ്യക്തമായി നമുക്ക് പിടികിട്ടുന്നില്ലല്ലോ അങ്ങനെ ഞാൻ എഴുതിയതാണ് ശിവാരവിന്ദം മഹാഭാഷ്യം അത് പ്രസിദ്ധീകരിച്ചത് ഇവിടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം ഇവിടെ ഉണ്ട് എന്താ ശിവാരവിന്ദം മഹാഭാഷ്യത്തിൻ്റെ ശിവാരവിന്ദം ഒന്ന് വായിച്ചു നോക്കുക ഗീത ശ്ലോകം വായിച്ചു കൊണ്ടൊന്നും ഫലമില്ല ശിവാരവിന്ദത്തിൻ്റെ ഇൻട്രഡക്ഷനെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക സത്യം ശുദ്ധമായി ശാസ്ത്രീയമായി യുക്തയുക്തമായി തെളിയുന്നില്ലെങ്കിൽ മാറ്റിവെക്കുക പിന്നെ വായിക്കണ്ട പിന്നെ ഗീത വായിക്കണ്ട ശിവാരവിന്ദത്തിൽ ഗീതാഭാഷത്തിൽ ചെയ്തിട്ടുള്ള കാര്യമെന്തെന്നോ ഈ സത്യവുമായി സമന്വയിപ്പിച്ചാണ് സകല അധ്യായങ്ങളിലെയും സകല ശ്ലോകവും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ സത്യത്വമായി സമന്വയിപ്പിക്കാതെ കർമ്മപരമായ ശ്ലോകമായാലും ശരി ഭക്തിപരമായ ശ്ലോകമായാലും ശരി ഏതും എങ്ങനെ ഈ അദ്വൈതം ബ്രഹ്മസത്യവുമായി സമന്വയിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടാണ് ശിവാരവിന്ദൻ ഗീതാഭാഷ്യം ജയിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഓരോ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോഴും അതിൻ്റെ മുമ്പിലുള്ള ശ്ലോകം കഴിഞ്ഞ വരാവുന്ന സംശയം എടുത്തുകാട്ടി ആ സംശയത്തിന് മറുപടിയാണ് അടുത്ത ശ്ലോകം എന്ന് വ്യക്തമായി സംശയ നിവാരണം നടത്തിക്കൊണ്ടാണ് അങ്ങനെ അറ്റം വരെ ഗീത വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഞാൻ ഗീത വ്യാഖ്യാനിച്ചോ ചിലർ വിചാരിക്കും ആ കുറച്ച് അഹങ്കാരമൊക്കെ പോകുന്നത് ഇപ്പം ശിവ ശിവാരവിന്ദ എഴുതി ആവശ്യമില്ലാതെ ഇപ്പം ഇവിടെ പറയാതെ ഇന്ന് മനസ്സിലാക്കുന്നത് പറയാതെ വിളച്ചുമ്മാരുന്നാൽ മനസ്സിലാക്കണം ഈ ശിവാരവിന്ദം കഴിയുമെങ്കിൽ അതിവേഗം വാങ്ങിച്ചു വായിക്കുക ഒരു കാര്യം നിശ്ചയമാണ് ഏതോ ഒരു ബാലകൃഷ്ണൻ നായർ ആ ബാലകൃഷ്ണൻ നായർ ഇവിടെ ഇല്ല ഞാനില്ലിവിടെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഏതോ ഒരു ബാലകൃഷ്ണൻ നായർ എഴുതി ശിവാരവിന്ദം ഗീതാഭാഷ്യം പോലെ പരമസത്യം കാട്ടിത്തന്ന് ഗീത പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു ഭാഷ്യം കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്ത് വരെ ഹങ്ക ആ ബാലശ് ആയിരുന്നു ഇടില്ല ഇത് വേറെ ആരോ ഇവിടെ ഇന്ന് ഫ്രാന്റ് പറയുന്നു എന്ന് വെച്ചോളിൽ അതുകൊണ്ട് എത്രയും വേഗം ഗീത ഒരു ഭംഗിയായി ഇപ്പം നല്ല പ്രചാരം കേരളത്തിലൊക്കെ ഈ ശിവാനന്ദ ഭാഷ അങ്ങേറ്റം പ്രചരിച്ചിട്ടുണ്ട് ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടോ മൂന്നോ എഡിഷനൊക്കെ ആയി വീണ്ടും വീണ്ടും അടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശ്രീശങ്കരൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഗീത പഠിക്കാൻ യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ശിവാരവിന്ദം ഗീതാഭാഷ്യം ആതിവിവേകം ഇങ്ങനൊട്ടും താമസിക്കരുത് പുസ്തകങ്ങളുണ്ട് ഈ ഇങ്ങനെന്തോ കുറച്ച് അതിലൊക്കെ ഒരു ലാഭം കാണുമായിരിക്കും കുറച്ച് പൈസയൊക്കെ അല്ലേ വയസ്സുകാലത്ത് കുറച്ച് പൈസയൊക്കെയുള്ളൊക്കെ ആഗ്രഹം എനിക്കിനി പതിന്നൊന്നും ഒന്നും വലുതായിട്ട് കിട്ടാനില്ല കുറച്ച് റായ് വയൽറ്റിയൊക്കെ അവർ തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു ഇനിയും വല്ലപ്പോഴും നിറ്റൊക്കെ തരുമ്പോൾ അല്ലതും വയൽറ്റി കിട്ടും ഒരു താല്പര്യവും ഇല്ല വേണമെങ്കിൽ കിട്ടട്ടെ വേണ്ടെങ്കിൽ കിട്ടണ്ട ഭാഗ്യവശാൽ അതിലൊക്കെ ഈശ്വരമയം പണവും അത് എന്തും എന്ന് വെച്ച് പണം തൊഴില്ലെന്നോ അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യത്തിന് പണമൊക്കെ കൂടിയേ തീരു പക്ഷേ പണവും ഈശ്വരൻ സകലക ഈശ്വരൻ ഈശാവാസ്യമിതം സർവം എന്ന കാര്യത്തിൽ അണുപോലും സംശയമില്ല ആരും ശിവാരവിന്ദക്ഷ്യം വാങ്ങിക്കണം എന്ന നിർബന്ധത്തോടുകൂടി ഞാൻ പറഞ്ഞിട്ടില്ല തോന്നും നൽകി വാങ്ങിക്കുക കൃഷ്ണൻ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ഇതിതേ ജ്ഞാനവാഖ്യാതം ഗുഹ്യ ഗുഹ്യതരമ്മ വിമർശിച്ചതാ ശേഷേണ യഥേസി തഥാകൂരു ഇനി നിങ്ങളുടെ ഇഷ്ടം ഇനി അർജുന നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തു എനിക്കല്ലാതെ ഒരു നിർബന്ധമില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ ഇന്ന് നമ്മൾ ഗീതാശ്ലോകങ്ങളിലേക്ക് കടന്നില്ല ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസമെങ്കിലും വലിയ ബാമ്പ് പൊട്ടൽ ഇല്ലാതെ നമുക്കൊന്ന് കഴിച്ചുകൂട്ടാം എന്ന് വിചാരിച്ചതുണ്ട് ളെയൊന്നും ഇനിയുള്ള ശ്ലോകങ്ങളിൽ വലിയ ബാമ്പ് പൊട്ടൽ വരെല്ല നമുക്ക് എല്ലാ സംശയവും അത് അത് തീരും എന്തിനോരോരുത്തർ ഓരോ തരത്തിൽ ഭജിക്കുന്നു വ്യക്തമായിട്ട് കൃഷ്ണൻ പറയുന്നു നാല് തരക്കാരാണ് എന്നെ ഭജിക്കുന്നത് എന്ന് തുടങ്ങിയാണ് എനിക്ക് പാടുത്ത ശ്ലോകം ചതുർവിധാഹ ഭജൻ തേ മാം ജനാഹ എല്ലാ ഭജനകൗമാർസവത്താണ് അജാമിളൻ്റെ നാരായണ ശബ്ദം പോലും ീശ്വര അന്വേഷണ കാര്യത്തിൽ അർത്ഥവത്താണ് പക്ഷേ അജാവിളൻ പോലും ഒടുവിൽ കാടിനെ തപസ് ചെയ്ത് സത്യം അറിഞ്ഞപ്പോഴേ മോക്ഷം കിട്ടിയുള്ളൂ അല്ലാതെ അയാവിളനൊന്നും ഒരു മോക്ഷവും ഒരിടത്തും കിട്ടിയില്ല അതുകൊണ്ട് വ്യക്തമായി ഗീതാതത്വം ധരിക്കാൻ ശ്രമിക്കുക അതിന് ഇന്ന് ജ്ഞാനേശ്വരി വായിച്ചുള്ള ഭക്തിക്ക് ഗീത വ്യക്തമായി സത്യം ും പിടികിട്ടത്തൊക്കെ വണ്ണം ധരിക്കണമെങ്കിൽ ഇന്ന് ശിവാരവിന്ദാഷ്യം മാത്രമേ ഉള്ളൂ കഴിയുന്നത് വേഗം പറ്റുമെങ്കിൽ വായിച്ചു വായിക്കുക സത്യം തെളിഞ്ഞു കിട്ടാൻ ആ ഉണ്ണി കൃഷ്ണൻ മഹാ വികൃതിയായ ആ കൊച്ചൻ നമ്മെയൊക്കെ